हरे ओम ചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കലം മഹാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരഹം ഗുരുസാക്ഷാ പരം ബ്രംഹ തസ്മൈ ശ്രീഗുരവേ നമഹം ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത്വ്യാപ്തേഹിമൂർത്തമഹം नामगोत्रं नसूत्रं ൂത്രം നോജാതിർവർണതി പുരുഷോ നസം സ്ത്രീ നോ വികാരം നി ജനിമരണം നാസ്തി പുണ്യം നാപം തന്നോ തും സഹജ സമരസം സദ്ഗുരുമാശിസമാരംഭാര്യമധ്യമാസ്മദാര്യപര്യ വേ ഗുരുപരംപരാ മൗനവ്യാഖ്യകട്രഹ്മത്തും യുവാന വർഷിഷ്ടാ സദശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചിന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമുദനം ദക്ഷിണമൂർത്തിമീഡേ വേദന്വിഭാസകാതയേ ശാന്യ സ യോഗീന്ദ്രവ്യ മോഹദ്വാദിവാകരാ ഭഗവത്പിതിബ്രേ തസ്മൈ ഭാഷ്യമോസ്തു സതൂർയ ബോധാത്മനി അപാരസിത്സുക്കരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തും രമണം ഗഭീരം ചിന് വിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്നൂ നഹം തത്തദാവസുക്തിസമേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കൂതോ വരധിയ ദൃഷ്ടമനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിയാ അരുണാചല ശിവ പൂർണോ വിഭാതി സ്വയം കരുണ പൂർണസുധാധേ കവളിതഘന വിശ്വ കിരണവലിയ അരുണാചല പരമാത്മൻ അരുണോഭവിത്തു വികസ രുചലസർവൂസ്തി പ്രലീനമേതുിത്രം ഹൃദ്യഹിത്മതയാ നൃത്യ ഭോ തേ വൃദയം നാമ അഹമതി കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യസ്വം രുപം ശാമ്യരുണാചലത്വനദീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്ത ध्यायन योगी दीधितिम പശ്യത്തിയോീ ദീധിതിരുണാചലി മഹീയൻ തേ ർപ്പനസം പശ്യൻ സർവവായാ സതകം ഭജത്തെ അനന്യീ സജയത്യുണാചലവ സുഖേ മഗ്നാ ശോണപ്രബം സോമകലാവസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാ ണപ്രിം നൌമി പിന്നാകേ കോണത്രയസ്തം കൂലദൈവനാമിഖാലുന്തളാ ഭസണസുധാനദീ ചൂടോത്തം സു കളി കാച്ഛഞ്ജത് ശ്രി കാ ഭാസ്വരൂ ലീലാദഗ്ധവിലോല കാമശലഭശ്രേയോഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരുച്ചാടയൻ ചേട്ട സദ്മനിഗി വിജയത്തെ ജാന പ്രദീപോഹര ശാരദാ ശാരദോജവദുജേ സിധി സി കിയാചന്ദ്രസമാനക്കാതി വാദി ചുറ്റി കൂറീ സുരധുനീനീ കാശവാഗൈവീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സ എണ്യപരം പരാ പശുപത്തെ ആകാരി രാജത്തെ യോന്ത് പ്രവിശ്യ മമവാച ഇമാസുപ്ജീവയത് കില ശക്തിധരസ്വധാ അനാശഹശ്രവണത്ഗാദീൻപരാണന്നോ ഭഗവത്തെ പുരുഷാ യുഭ്യം भगवतां പാർയ പ്രതിബോധിതായണേന സ്വയം വ്യാസേന ഗ്രഥിത भगवतीं മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യംബനുസാ भगवद्गीते व्यास ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുല്ല പത്രേത്രയാ ഭാരതൈലപൂർണ ज्ञानमय ജാനമയ प्रपन्न पारिजातायां തോത്രവേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനോപനിഷദോ ഗാവോ दुग्धं गीतामृतं വത്സുധീർഭോക്തം वसुदेवसुतं देवं വസുദംസാണൂരമർദന देवकी പരമാനന്ദം േ ജഗദ്ഗുരു മൂക്കം കരോളം പങ്കും ലംഘയത്തെ ഗിരി യത്കൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൻവ്യൈസ്തവേസ്മോപനിഷദൈർഗായം സമഗാ ദ്ഗ്യം യോഗിനോ യം ന വിദുസുരാഗണ നമ പാർസാരതിരുപേണ ശ്രാവി ശുഭിര പാർയാർത്തിഹരോ ദൂർത്തിന दिशश्रोत्रे അഗ്നിമൂർ ചുഷീ ചന്ദ്രസൂര്യ ദിശ്രോത്രേവാഗ്വൃതേദ വായു പ്രാണോഹൃദയം വിശ്വമസേ പദ്ഭ്യം പൃഥിഭൂതരാത്മാ മന്ത്രദാളായ ഋഷിഗ ലോകത്തിലെല്ലാരും ക്ഷേമമായിട്ടിരിക്കണം സുഖമായിട്ടിരിക്കണം ലോകാസമസ്താ സുഖിനോഭവന്തു എന്ന് കരുതി ധർമ്മത്തിനെ പ്രധാനമായിട്ട് ഉപദേശിച്ചു ധർമ്മം എന്നുവെച്ചാൽ തന്നെ എഫ് പ്രാണിനാം അഭ്യുദയനിശ്രേയസഹേതു സധർമ്മ ശങ്കരാചാര്യർ ഭഗവത്ഗീതാ ഭാഷ്യം തുടങ്ങുമ്പോൾ ധർമ്മത്തിന് ഒരു നിർവചനം കൊടുക്കുകയാണ് പ്രാണിനാം മനുഷ്യർക്ക് മാത്രമല്ല നമ്മൾ സാധാരണ പറയും കേരളത്തിൽ പ്രത്യേകിച്ച് മനുഷ്യത്വം മൃഗീയത എന്ന് പറയും മൃഗീയതയും ഒന്ന് നല്ല കാര്യമാണ് മനുഷ്യൻ മൃഗമായാലേ കുഴപ്പുള്ളൂ വാസ്തവത്തിലെ മനുഷ്യൻ മൃഗമായാൽ വേണ്ടില്ല എന്ന് തോന്നുകയാണ് നമുക്കിപ്പോ മൃഗങ്ങൾ എത്രയോ പ്രകൃതിക്ക് അനുസരിച്ച് പ്രകൃതിയുടെ വരമ്പിനകത്ത് നിൽക്കുകയാണ് മനുഷ്യന് ഒരു വരമ്പുമില്ല അതുകൊണ്ട് മനുഷ്യനിൽ കുറച്ച് മൃഗീയത വന്നാൽ പോലും വേണ്ടില്ലാന്ന് തോന്നുക നമുക്ക് മനുഷ്യന് ഒരു മൃഗത്തിനുള്ള നിയന്ത്രണമോ സിസ്റ്റമോ താളമോ പോലും ഇല്ല വേതാളായിട്ടിരിക്കുകയാണ് അപ്പൊ മനുഷ്യന് മാത്രല്ല മനുഷ്യത്വം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് മനുഷ്യന് മാത്രല്ല പക്ഷെ മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാ പ്രാണികൾക്കും സർവപ്രാണിന എത്ര കണ്ട് സുഖായിട്ടിരിക്കാൻ പറ്റുമോ അത്ര കണ്ട് എന്ന് വെച്ചാൽ ലോകത്തില് ജീവിക്കുമ്പോ ലിമിറ്റേഷൻ പരിച്ഛിന്നത ഉണ്ട് പരിമിതി ഉണ്ട് അപരിമിതമായ സുഖം ലോകത്തിൽ ആർക്ക് സാധ്യല്ല ഇത് എന്തുകൊണ്ട് സാധ്യല്ല എന്നുവെച്ചാൽ ഇതിൽ ചില പ്രോബ്ലംസ് ഉണ്ട് മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടെന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു അനിത്യം അസുഖം ലോകം എന്ത് കിട്ടിയാലും അനിത്യമാണ് ജന്മമൃത്യു ജരാവധി ദുഃഖ ദോഷാനുദർശനം ഇവിടെ ജനനമുണ്ട് മരണമുണ്ട് വ്യാധിയുണ്ട് ഈ ദോഷങ്ങളുടെ പരമ്പരയുണ്ട് അതുകൊണ്ട് എന്തൊക്കെ തന്നെ നമ്മൾ സുഖം അനുഭവിച്ചാലും ഒരു പാമ്പിന്റെ വായിലിരിക്കണ തവള ഈച്ചയെ പിടിക്കാൻ പോണ പോലെ ഉള്ളൂ പാമ്പിന്റെ വായിലിരിക്കണ തവള മുമ്പ് കൂടെ പറന്ന് പോകുന്ന ഈച്ചയെ പിടിക്കാൻ വായി തറക്കണ പോലെയാണ് ഇവിടെ ഉള്ള സുഖമൊക്കെ ഇങ്ങോട്ട് വ്യാധിയുണ്ട് ഇങ്ങോട്ട് മരണുണ്ട് വിയോഗ ദുഃഖ ഉണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നടുവിൽ കുറച്ചുനേരം നോക്കി ഒരു സുഖം കുറച്ചുനേരം ഒരു ഭക്ഷണം കഴിച്ച ഒരു സുഖം ഇത് പരിഛിന്നമാണ് പരിമിതമാണ് അതിൽ ധാർമ്മികമായ സുഖത്തിന് അഭ്യുദയം എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ തനിക്ക് പാരമാർത്ഥികമായ സുഖത്തിന് തടസ്സം നിൽക്കാത്ത വിധത്തിലെ ലോകത്തിലുള്ള സുഖം ഞാൻ സുഖ അനുഭവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാനും പാടില്ല അതിന് അഭ്യുദയം എന്ന് പറഞ്ഞു നിശ്രേയസം എന്ന് വെച്ചാൽ പാരമാർത്ഥികമായ ശാന്തി ഫ്രീഡം മുക്തി എന്ന് നമ്മൾ പറയണം നിശ്രേയസം സുഖമല്ല ഈ സുഖം എന്നുള്ള വാക്ക് തന്നെ ആളുകൾക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ് അവസാനാവുമ്പോൾ കാണുന്നു സുഖല്ല എനിക്ക് വേണ്ടത് എനിക്ക് വിമുക്തമാവണം i should be free freedom of ala freedom from valiya vyasanda adu rendu freedom of ana logathil muluvan le freedom of senses freedom of the mind freedom of action ഋഷികൾ പറഞ്ഞു ഫ്രീഡം ഫ്രം ദ സെൻസസ് ഫ്രീഡം ഫ്രം ദ മൈൻഡ് ഫ്രീഡം ഫ്രം ദ ബോഡി ഫ്രീഡം ഫ്രം ആക്ഷൻ പിടിവിടുക ആ പിടിവിടുമ്പോ ഫ്രീ ആവുമ്പോ മുക്തം മുക്തമാവുമ്പോ എന്താ സുഖത്തിനെ നമ്മൾ അന്വേഷിക്കുന്നില്ല പക്ഷെ സുഖം നമ്മളുടെ സ്വരൂപമാണ് സുഖം ഞാൻ അനുഭവിക്കുകയല്ല ഞാൻ സുഖം അനുഭവിക്കണവരെ ഞാനൊരു പിച്ചക്കാരനാണ് ഒരു പിച്ചക്കാരൻ കയ്യിൽ ഒരു ഭിക്ഷാപാത്രം വെച്ചുകൊണ്ട് നടക്കണു നമ്മളുടെ ഭിക്ഷാപാത്രം ഉള്ളിലുണ്ട് മനസ്സ് എന്ത് കിട്ടിയാലും പോരാ നീ കിട്ടണം നീ അനുഭവിക്കണം നിറയണേ ഇല്ല ഓട്ടപാത്രം അപ്പോ എന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ള സുഖമല്ല സുഖം ഞാനാണ് സുഖം എന്റെ സ്വരൂപമാണ് സുഖം ആത്മാവാണ് ആത്മാവിന്റെ സ്വരൂപമാണ് സുഖം ആ സുഖത്തിന് എങ്ങനെ അനുഭവിക്കും എന്ത് ചെയ്തിട്ട് അനുഭവിക്കും എന്തെങ്കിലും ചെയ്യണവരെ നിങ്ങൾക്കത് കിട്ടില്ല ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പരിമിതിയാണ് ഏ ചെയ്യാതെ ഒരു സുഖം വരുവോ ഞാൻ തന്നെ അല്ലെ അനുഭവിക്കേണ്ടത് നിങ്ങളുള്ളവരാ സുഖം വരില്ല അതിന് പറയുമ്പോ ഇതെന്തോ വാക്കുകൾ കൊണ്ട് കളിയാണോ എന്നൊരു സംശയം വരും അല്ല വളരെ സിമ്പിളാണ് നമ്മൾക്ക് തന്നെ അങ്ങനെ ഒരു സുഖത്തിന്റെ അനുഭവം ദിവസമുണ്ട് സുഷുപ്തിയില് ഉറങ്ങുമ്പോ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോ ഒരു സുഖം മനസ്സിനെ ഉപയോഗിക്കാതെ തന്നെ ഒരു സുഖം സങ്കല്പം പോലും ഇല്ലാതെ ഒരു സുഖം ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം പോലും ഇല്ലാതെ ഒരു സുഖം ആ സുഖത്തിന് ശരീരത്തിന്റെ ആവശ്യമില്ല ഇന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല മനസ്സിന്റെ ആവശ്യമില്ല ലോകത്തിന്റെ ആവശ്യമില്ല ഇത്തിരി കടന്ന് പറഞ്ഞ ഈശ്വരന്റെ പോലും ആവശ്യമില്ല ഒരു ഉപായമും ഇല്ലാതെ സുഖം നമുക്ക് നമ്മളുടെ സ്വരൂപത്തില് ഉണ്ട് എന്നുള്ളതിന് ദൃഷ്ടാന്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവണ ഒരു ദൃഷ്ടാന്തം പറയാണ് സന്നേ യത് ഇന്ദ്രിയഗണേ അഹമിച്ച പ്രസുപ്തേ കൂട്ടസ്ഥ ആശയമൃതേ തത് അനുസ്മൃതിർണ്ണ ഭാഗവതം പറഞ്ഞു ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങിപ്പോയി മനസ്സും അങ്ങോട്ട് ലയിച്ചു അപ്പോ എന്തോ ഒന്ന് ജാഗ്രതമായി ഒരു സുഖം അതിന്റെ സ്മൃതി നമുക്കില്ല ആ സുഖം നമ്മൾ കിട്ടി പക്ഷെ എഴുന്നേറ്റപ്പൊ പോയി എന്തോ സുഖമായിരുന്നു എന്താ ഒന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു അപ്പോ സുഖിക്കാൻ വേണ്ടി ജാഗ്രത നമ്മൾ ഊണ് കഴിക്കണ പോലെ ടി കാണുന്ന പോലെ പാട്ട് കേൾക്കണ പോലെ എന്തിനെങ്കിലും സ്പർശിക്കണ പോലെ സുഖിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഉപായം തരുകയാണ് ഉറക്കം എന്ന് പറയുന്ന ഒരു ഉപായം അപ്പോഴാണ് ഋഷികൾ പറഞ്ഞു ഈ ഉപായവും നിങ്ങൾക്ക് ബന്ധമാണ് നിങ്ങൾ ഉറങ്ങിയിട്ട് സുഖം അനുഭവിക്കണമെന്ന് വിചാരിക്കുന്നു യു ആർ ഡിപ്പെൻഡിങ് ഓൺ സ്ലീപ്പ് അല്ലെ വയസ്സാവും തോറും ഉറക്കം കുറയും അതുകൊണ്ട് പലർക്കും വിഷമെന്താന്ന് വെച്ചാൽ ഉറക്കം വരണില്ല ഉറക്കം വരണില്ല തിരിയൊന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു വാസ്തവത്തിൽ നിങ്ങൾ ശരിക്ക് വേദാന്തം അറിഞ്ഞാൽ നിങ്ങൾ ഉറക്കത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമാവും സാധ്യമാണത് ദുഃഖയാണ് യോഗം എന്ന് പറയുന്നത് യോഗം എന്ന് വെച്ചാൽ തലകീഴായിട്ട് നിർക്കുന്ന ശീർഷാസനം മാത്രമല്ല ഭഗവാൻ ഗീതയില് പറയണത് ദുഃഖ സയോഗ വിയോഗം യോഗസജിതം ദുഃഖം തരുന്ന എല്ലാത്തിന്റെ പിടിയും കാരണം എന്ത് ആശ്രയവും ദുഃഖമാണ് എന്തിനെങ്കിലും ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആശ്രയിക്കുകയാണെങ്കിൽ അത് നമ്മളെ എന്തെങ്കിലുമൊക്കെ ചതിക്കും ഇതൊരു മാറ്റാൻ കഴിയാത്ത ഒരു നിയമമാണ് ബൃഹദാരണ്യ ഗോപനിഷത്തിൽ യാജ്ഞവൽക്കൻ പറഞ്ഞു ഭാര്യയോട് മൈത്രേയോട് പറഞ്ഞു അടോ മൈത്ര അരേ മൈത്രൈ നീ എന്ത് വസ്തുവിനെ ആശ്രയിച്ചാലും ആത്മാവിൽ നിന്ന് ഭിന്നമായ വസ്തുക്കളൊക്കെ എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് വിഷമുണ്ടാക്കിക്കൊണ്ട് നിന്ന് വിട്ടുപോകും അതുകൊണ്ട് സർവാശ്രയാണാം എല്ലാ ആശ്രയങ്ങളെയും നീ വിടൂ ഇത് കിട്ടിയാലേ ഞാൻ സുഖിക്കുള്ളൂ ഉറക്കം വന്നില്ലേ ശരി ഉറക്കം വരണ്ട കറണ്ട് ഇല്ലേ ശരി കറണ്ട് ഇല്ല ഇപ്പൊ സമയത്തിന് ഊണായില്ലേ ശരി വേണ്ട ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ഉറക്കം മാത്രമേ എല്ലാവർക്കും വിടാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് വിഷമുണ്ട് ഉറക്കം വന്നാലേ സുഖമുള്ളൂ ഉറക്കം വന്നില്ലേ മിണ്ടാതെ ചുമ്മാ ഇരുന്ന് നോക്കൂ ബോഡിക്ക് ശരീരത്തിന് വേണമെങ്കിൽ അത് ഉറക്കം എടുത്തോളൂ ഉറക്കത്തിനെയും ആശ്രയിക്കാതെ ഉറക്കത്തിൽ കിട്ടുന്ന ആ റിജുവിനേഷൻ നിങ്ങൾക്ക് ജാഗ്രതത്തില് കിട്ടുമെങ്കിൽ അതിന് യോഗം എന്ന് പേര് നിങ്ങൾ ഉറങ്ങുന്നുല്ല ചിന്തിക്കണമില്ല നിശ്ചല തത്വേ ജീവൻ മുക്തി അല്ലെ എല്ലാരും കേട്ടിട്ടുണ്ട് ഭജഗോവിന്ദം നിശ്ചല തത്വേ ജീവൻ മുക്തി കാഞ്ചി പരമാചാര്യർ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ടോക്കില് പറയണു ചിക്കനമായിരിക്കണം തമിഴിൽ ചിക്കനമായിരിക്കണം എന്ന് വെച്ചാൽ എക്കണോമിക്കൽ ആയിട്ട് ഇരിക്കണം എന്താ പറയാ വളരെ ചുരുക്കി ജീവിക്കണം അവസാനം പറഞ്ഞു പറഞ്ഞു വന്ന് എന്തിലാണ് ചുരുക്കി ജീവിക്കേണ്ടത് എന്ന് വെച്ചാൽ പലതും പറഞ്ഞു പണം വെള്ളം വസ്ത്രം എല്ലാം പറഞ്ഞു വന്ന് അവസാനം ചിത്തവൃത്തികൾ എണ്ണങ്ങളിലെ ചിക്കനമായിരിക്കണം ചിത്തവൃത്തികളെ വളരെ കുറച്ചുകൊണ്ട് വരിക ബുദ്ധിയില് എട്ടുകാലി വല നൂൽക്കുന്ന പോലെ ചിത്തവൃത്തികൾ ഇങ്ങനെ നൂറ്റുകൊണ്ടേയിരിക്കും മനസ്സ് ആൻഡ് ഈച്ച് ആൻഡ് എവറി തോട്ട് ക്രിയേറ്റ് A disturbing cell in brain. As you said, science is opposite to the opposite of yoga. Science is saying, brain cells create thoughts. What is it saying? Thoughts manufacture brain cells. And that brain cells create, become a track for the same thought to occur. Chindikyaad ayahal. ുദ്ധി ഇല്ലാതാവും ബുദ്ധി ഇല്ലാതാവുന്ന വെച്ചാൽ നിങ്ങൾ മൂഢനാവുന്ന എല്ലാർത്ഥം ഇന്റലക്ട് വിൽ ഗോ ഇന്റലിജൻസ് ഇന്റലക്ട് എന്ന് പറയുന്നത് ഒരു ഒരു ഒരു ഡ്രോപ്പ് മാത്രം ബുദ്ധി എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു ഉപകരണം മാത്രമാണ് ആത്മാ സ്വയമേവ ജ്ഞാനസ്വരൂപമാണ് പ്രജ്ഞാനസ്വരൂപമാണ് യസ് സർവജ്ഞവിധി ബുദ്ധി ലിമിറ്റഡ് ആണ് നമ്മൾക്ക് ഒരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ ബുദ്ധി എന്ത് ചെയ്യും നല്ല ഡോക്ടർ ആരാണ് നെറ്റിൽ അടിച്ചു നോക്കി എന്നിട്ട് ആ ഡോക്ടറെടുത്ത് പോയി ശരിയായില്ലെങ്കിൽ വേറെ ഒരു ഡോക്ടറെടുത്ത് പോയി മരുന്ന് കഴിച്ചു നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ ബുദ്ധിക്ക് ഇത്രയേ പറ്റുകയുള്ളൂ നമ്മൾ മൃഗീയം എന്ന് പറയണ്ടല്ലോ അല്ലേ ബുദ്ധിയില്ലാത്തതാണ് മൃഗങ്ങൾ അവർക്കാണെങ്കിൽ നോക്കൂ നമ്മളെക്കാൾ എത്രയോ ബെനിഫിറ്റ് ആണ് അവർക്ക് എന്തെങ്കിലും വയറ് വന്നു കഴിഞ്ഞാൽ ഉള്ളെന്ന് ഒരാൾ പറയണു ഇങ്ങനെ പോകുന്നത് അവിടെ ഒരു പുല്ല്ണ്ടത് തിന്നു എന്ന് പറയണു തിന്നു ഒരിടത്ത് കടന്നു ശരിയായി ഒരു നായോ പൂച്ചയോ കാക്കയോ ചുമച്ചോണ്ടിരിക്കണത് ഞാൻ കണ്ടിട്ടില്ല പനി വന്ന് പാരസെറ്റമോൾ വാങ്ങി കഴിക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ അറിയും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല എന്നിട്ട് നമ്മൾ പറയണു നമ്മളാണ് മോർ ഇവാൾഡ് അല്ലേ ചിന്തിക്കേണ്ട കാര്യ ലോകത്തില് ജീവിക്കാനാണ് ബുദ്ധിയെങ്കിൽ മൃഗമായിട്ടിരിക്കണതാണ് നമ്മൾക്ക് ബെറ്റർ ഒരു ആസ്പത്രി ആവശ്യമില്ല സ്കൂൾ ആവശ്യമില്ല ഒരു നായോ എന്തെങ്കിലും ആസ്പത്രിയിൽ പോയി സിസേറിയം ചെയ്തിട്ട് വരേണ്ടത് കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല ഞാൻ സാധാരണ കാര്യ പറയണത് അപ്പോ ലോകത്തില് ജീവിക്കാനാണെങ്കിൽ ബുദ്ധി ഇല്ലാതെ തന്നെ കാര്യം നടക്കുന്നുള്ളതിന് നേച്ചർ ഈസ് ഇനഫ് നോട്ട് ബ്രെയിൻ പ്രകൃതി തന്നെ വഴി കാണിക്കണുണ്ട് പ്രകൃതി തന്നെ എല്ലാ ജന്തുക്കളെയും നോക്കണണ്ട് അവരൊക്കെ ജീവിക്കണു നമ്മൾ ഇത് വളർത്തും തോറും അവരെയൊക്കെ നശിപ്പിക്ക നാട് മുഴുവൻ മരമൊക്കെ നശിപ്പിക്കുക മൃഗങ്ങളെയൊക്കെ നശിപ്പിക്കുക ഇതിനെയാണ് പ്രയോജനപ്പെടുന്നത് അപ്പൊ ഭഗവാൻ നമുക്ക് ഈ ബുദ്ധി തന്നിരിക്കണത് ബ്രഹ്മാവലോക ധിഷണം ഉദമാപദേവ ഭാഗവതത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു ഈ ബുദ്ധിക്ക് ഒരു പർപ്പസ് എന്താന്ന് വെച്ചാൽ ഉള്ളിലേക്ക് തിരിഞ്ഞു ഒരു കണ്ണാടി പോലെ സ്വരൂപത്തിനെ കാണിച്ചു തരുമോ നമ്മള് ആരാണ് നമ്മളുടെ സ്വരൂപം എന്താണ് എന്ന് കാണിച്ചു തരും അങ്ങനെ കാണാനുള്ള ശക്തി മനുഷ്യന്റെ ധിഷണ ബുദ്ധിക്ക് ഉണ്ട് അതിനത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കും അതിന് പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് കുഴപ്പമാണ് ഉണ്ടാക്കുക മേധാദേവി ജുഷബാണ ആകാദ് വിശ്വാസിമനസ്യമാണ് ത്വയാ ഋഷിർഭവതി ദേവി ആ ബുദ്ധിയെ ഒന്ന് സ്പർശിച്ചാൽ അയാൾ ഋഷിയായിട്ട് തീരുമെന്നാണ് ആ മേധ ഋഷിത്വം നൽകുന്നതാണ് അതിനാണ് ഈ ബുദ്ധി ബുദ്ധിയുടെ ഹയസ്റ്റ് ഓപ്പറേഷൻ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ ഉണ്ടാവുന്ന ഒരു ആവിർഭാവത്തിനെയും ഒരു ഭാവപ്രകടനത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഈ പതിനേഴാമത്തെ അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം ഈ വാക്കിന് ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു ഭാഷയിലും ഇതിനെ വിവർത്തനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കുഴപ്പം ഈ ശ്രദ്ധ എന്നുള്ള വാക്കിനെ ഇംഗ്ലീഷിലെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അത് ഫെയ്ത്താണ് പക്ഷെ ഫെയ്ത്ത് മാത്രമല്ല അത് ബിലീഫല്ല അത് അറ്റൻഷൻ മാത്രമല്ല It is attention, faith, belief, intelligence, awareness, devotion. Alla hama allam aana, Adhi kandhi illa adha kaanannu uri shakti aana adhu. I shraddha, Innu uledha vedam stuthikindu manishya nilaya tapas chayinadhe tannne shraddha kya aana. Shraddha inda ika injahal, ഇയാൾക്ക് പിന്നെ തപസൊന്നും വേണ്ട ശ്രദ്ധ ജ്ഞാനത്തിന് ഉണ്ടാക്കും ശ്രദ്ധാവാൻ ലഭതേ എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞു പഴയ കാലത്ത് ശിഷ്യന്മാർക്ക് ശ്രദ്ധയുണ്ടാവാനായിട്ടാണ് ശ്രദ്ധ ഉദിക്കണവരെ ഗുരു ഗുരുകുലത്തില് ശിഷ്യനെ വെച്ചുകൊണ്ട് കാത്തുകൊണ്ടേയിരിക്കും അയാളെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കും വിറക് കീറാൻ പറയും കാട്ടിൽ പോയിട്ട് എന്തെങ്കിലും എടുത്തോണ്ട് പോമതെ എടുത്തോണ്ട് വരാൻ പറയും ഒന്നും പഠിപ്പിക്കില്ല എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധ ഉദിക്കുന്നതിന് മുമ്പ് തീ അങ്ങനെ ജ്വലിക്കുന്നതിന് മുമ്പ് അതിന് മേലേക്ക് വിറകിട്ടാൽ ജ്വലിക്കണത് തീ കെട്ടുപോകും അതുകൊണ്ട് ശ്രദ്ധ ഉദിക്കാൻ കാത്തിരിക്കുക അതാണ് ഗുരുകുലത്തിലെ ഒരു ജോലി ആ ശ്രദ്ധയുണ്ടെങ്കിൽ അയാൾക്ക് ശാസ്ത്ര ഗുരുവാക്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ കഥിത യയാ വസ്തു ഉപലഭ്യത്തെ ഇതാണ് ശങ്കരാചാര്യർ വിവേക ചൂടാമണിയില് നിർവചനം ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുവെച്ചാൽ ശാസ്ത്രത്തില് ഗുരുവിന്റെ വചനത്തില് കേൾക്കുമ്പോ തന്നെ സംശയലേശമില്ലാതെ സത്യബുദ്ധി അത് സത്യമാണ് എന്നുള്ള കൺവിക്ഷൻ നിശ്ചയാത്മിക ബുദ്ധി അതാണ് ശ്രദ്ധ ആ ബുദ്ധിയുടെ പ്രയോജനം എന്താണ് എന്ന് വെച്ചാൽ നല്ല ശ്രദ്ധാശക്തിയുള്ള ഒരു ശിഷ്യന് ഗുരുവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ പ്രത്യേകിച്ചും വേദാന്തം ആത്മവിദ്യാശാസ്ത്രത്തില് ഈ വേദാന്തം എന്ന് പറയുന്നത് ഏറ്റവും സിംപിളായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് അതേസമയം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ശാസ്ത്രമാണ് ഏറ്റവും സിമ്പിൾ എന്താന്ന് വെച്ചാൽ അതിന് നിങ്ങൾ ഒന്നും ചെയ്യണ്ട വാസ്തവത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് കിട്ടില്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹാബിറ്റുള്ളവരെ അത് നടക്കില്ല ഈ ചെയ്യാന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണേ അല്ലേ പല ഹാബിറ്റും ആളുകൾക്കുള്ളത് പോലെയാണ് ഈ ചെയ്യാന്ന് പറയണത് ടു കർത്തവ്യ ദുഃഖമാർത്താണ്ടെന്നാണ് അഷ്ടാവക്രം പറയണം ഇത് ചെയ്യണം അത് ചെയ്യണം നട്ടുച്ച വെയിലുപോലെ ആളുകളെ വേവിക്കുകയാണെന്നാണ് കുതഃപ്രശമ പീയൂഷാരാസാരമൃതേ സുഖം കർത്തേദി വിശ്വാസ അമൃതം പീവാ സുഖീഭവെനിക്ക് ഇത് ചെയ്യാനുണ്ട് അത് ചെയ്യാനുണ്ടെന്നുള്ള ഈ കർത്തവ്യ ദുഃഖം അത് ഒരു വിഷമാണ് അപ്പം ഈ വേദാന്തം വളരെ സിമ്പിളാണ് ആർക്ക് ആർക്ക് ശ്രദ്ധ ഉണ്ടോ ആർക്ക് ആർക്ക് ഭക്തി ഉണ്ടോ ആ ഒരു ഉത്തമ സമ്പ്രദായത്തിൽ വന്നിരിക്കണോ ഈ സമ്പ്രദായം എന്നുള്ള വാക്ക് ഞാൻ ആദ്യം ഒന്ന് നിർവചിക്കണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോൾ ഒരുപാട് പേര് സമ്പ്രദായം എന്ന് പറയാറുണ്ട് സമ്പ്രദായത്തിൽ വരണം സമ്പ്രദായമായിട്ട് വേദാന്ത ശ്രവണം ചെയ്യണം ഇപ്പൊ വേദാന്ത ശ്രവണം സമ്പ്രദായമായിട്ട് ചെയ്യാൻ ഇപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യണ്ടല്ലോ ഇത് സമ്പ്രദായമാണോ എന്ന് ചോദിച്ചാൽ മുഴുവനുമാണെന്ന് പറയാൻ വയ്യ എന്താന്ന് വെച്ചാൽ ഗീതാശ്രവണത്തിന് ഇവിടെ വരണവര് ധാരാളം പേര് വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഇതിനു വേണ്ടി ദാഹിച്ചുകൊണ്ട് വരുന്നവരുണ്ട് അത് സമ്പ്രദായം കുറെ പേര് ഇവിടെ എന്തോ നടക്കണുണ്ട് ഒന്ന് പോയി കണ്ടു ഒരു ലെക്ചർ ഒരു ടോക്ക് അത് കേൾക്കാനായിട്ട് വരിക എന്ന് വെച്ചാ അവിടെ സമ്പ്രദായം പോയി അപ്പൊ സമ്പ്രദായം എന്ന് പറയുമ്പോ നാല് കാര്യമാണ് ജ്ഞാനം വിജ്ഞാനം രഹസ്യം അംഗം എന്ന് ഭാഗവതം നാല് കാര്യം പറഞ്ഞു ഇതാണ് സമ്പ്രദായം അതിൽ അറിവുണ്ട് അനുഭവജ്ഞാനുണ്ട് രഹസ്യം എന്ന് വെച്ചാൽ ഉപാസന ഓരോ സമ്പ്രദായത്തിനും അതിൻ്റെതായ ഒരു ഉപാസന സ്രോതസ് ഉണ്ടാവും ഈ ഉപാസന ഫ്യൂവൽ പോലെയാണ് അതില്ലെങ്കിൽ ഈ ജ്ഞാനം പ്രവർത്തിക്കില്ല ജ്ഞാനത്തിനെ സ്വീകരിക്കാനുള്ള പക്വത അവർക്ക് ഉണ്ടാവില്ല യോഗ്യത ഈ ഉപാസന എന്താണ് ഓരോ സമ്പ്രദായത്തിനും ഓരോ ഗുരുപരമ്പരയ്ക്കും അതിൻ്റെതായ ഒരു സ്ട്രീം ഉണ്ട് ഒരു സമ്പ്രദായ സ്രോതസ് ഉണ്ട് അതിന് രഹസ്യം എന്ന് പറയാൻ കാരണം അത് ജ്ഞാനം എല്ലാവർക്കും സമാനാണ് ഉപാസന എല്ലാ സമ്പ്രദായത്തിനും വേറെയാണ് അതുകൊണ്ടാണ് അതിന് രഹസ്യം എന്ന് പറയുന്നത് ഒരാളുടെ വേറെ ഒരാൾക്ക് പറയാൻ പാടില്ല കൺഫ്യൂഷനാവും രഹസ്യം അംഗം അംഗം എന്ന് വെച്ചാൽ വിവേകം വൈരാഗ്യം ക്ഷമം ദമം ഉപ്പരത്തി സാധന ചതുഷ്ട സമ്പത്തി ഡിസിപ്ലിൻ ധർമ്മം ഈ നാലും എവിടെയുണ്ടോ അതിനെ സമ്പ്രദായം എന്ന് പറയണു ആ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ളവർക്ക് ഈ വേദാന്തം പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ശാസ്ത്രമല്ല ഗുരുവിന്റെ അടുത്ത് ചെന്നിരിക്കണു ഗുരു മഹാവാക്യോപദേശം ചെയ്യണു ശിഷ്യൻ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരാള് തിരിച്ചു വരുമ്പോ വേറെ ആണ് സിമ്പിൾ ഒരു കാര്യം ഇത്ര സിമ്പിൾ ആയിട്ടില്ല ഒരു സൂക്കേട് മാറണമെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ച് കാഞ്ഞാ കാഞ്ഞു പേഞ്ഞാ പേഞ്ഞു ഈ വേദാന്തം ഞങ്ങൾ പറയണു ഇത്ര സിമ്പിൾ ഒന്നുമില്ല നിങ്ങൾ പക്കുവാണ് നിങ്ങൾ റെഡിയാണ് നിങ്ങൾക്ക് ഇതുമാത്രം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ബാക്കി ഉണ്ടെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം ഈ മഹാവാക്യശ്രവണം ഗുരുമുഖത്ത് നിന്ന് കേട്ടാൽ ജീവന്റെ ഉള്ളില് ജ്ഞാന അഗ്നി ഉദ്ദീപ്തമാവും ആ അഗ്നി ജീവാഭിമാനത്തിന് ഇല്ലാതാക്കി പൂർണ്ണ ബ്രഹ്മാനുഭവത്തിനെ കൊടുക്കും അത്രയ്ക്ക് സിംപിൾ ഇറ്റ് ഈസ് സോ സിംപിൾ സിമ്പിൾ ലൈക്ക് യുവർ ഓൺ എക്സിസ്റ്റൻസ് വിവേകാനന്ദന്റെ വാക്കാണ് വിവേകാനന്ദ സ്വാമിയുടെ വാക്കാണ് ഇറ്റ് ഈസ് സിമ്പിൾ ലൈക്ക് യുവർ ഓൺ എക്സിസ്റ്റൻസ് കാരണം ഇത്ര സിമ്പിളായിട്ട് വേറെ എന്താ ഉള്ളത് ഞാനുണ്ട് എന്നുള്ള ഒരു അനുഭവം അതിനേക്കാളും സിമ്പിൾ എന്താ ഉള്ളത് ബാക്കി എന്തിലും സംശയം വരാം ഈ ഗോളങ്ങളൊക്കെ ഉണ്ടോ സംശയം വരാം ഇപ്പൊ എന്തൊക്കെയോ ഒമ്പത് ഗ്രഹങ്ങൾ നമ്മൾ പഠിച്ചു ഇപ്പോൾ ഒരു പ്ലാനറ്റ് അത് പ്ലാനറ്റേ അല്ല എന്ന് പറയണു അപ്പോ ഒരു ഒരു കാലത്ത് സത്യം എന്ന് പറഞ്ഞത് കാലം കഴിഞ്ഞാൽ ശരിയല്ല എന്ന് പറയുന്നു ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യം നമ്മളുടെ അടുത്തുണ്ട് സിംപിളാണ് ദൈവം എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ വിശ്വസിക്കണില്ല എന്ന് പറയും പക്ഷേ ഒരിക്കലും യത് ഋതേന നിഷേധസിദ്ധി ആർക്ക് നിഷേധിക്കാൻ കഴിയാത്ത അപരോക്ഷം എന്നാണ് അതിന് ശാസ്ത്രം പറയുന്ന വാക്ക് അതുകൊണ്ട് ശങ്കരാചാര്യരുടെ ഒരു കൃതിയുടെ പേര് തന്നെ അപരോക്ഷാനുഭൂതി അപരോക്ഷം എന്ന് വെച്ചാൽ ീഡിയറ്റ് ഡയറക്ട് വളരെ സിംപിൾ അതിന് ഒരു മീഡിയമും വേണ്ട മനസ്സ് പോലും ആവശ്യമില്ല ഇന്ദ്രിയങ്ങൾ പോലും ആവശ്യമില്ല അങ്ങനെ ഒരു അനുഭവം നമ്മളുടെ ഉള്ളിൽ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് അത് നമുക്കൊക്കെ നമ്മളുടെ ഇരുപ്പ് നമ്മളുടെ എക്സിസ്റ്റൻസ് നമ്മളുടെ ഉണ്ട് എന്നുള്ള അനുഭവം അതന്നെ കാശ്മീരത്തില് അഭിനവഗുപ്തൻ എന്ന് പറഞ്ഞൊരു മഹാ ആചാര്യൻ ഉണ്ടായിരുന്നു ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാവ ദീപിക വ്യാഖ്യാനമുണ്ട് നവവ്യാഖ്യാന ഗീതയിലെ പല വ്യാഖ്യാനങ്ങളിൽ അഭിനവ ഗുപ്തന്റെ വ്യാഖ്യാനമുണ്ട് കാശ്മീര ശൈവ സമ്പ്രദായ പരമ്പരയില് അവരുടെ പരമ്പരയില് ഗുരു ശിഷ്യന് കൊടുക്കണ മഹാവാക്യം തന്നെ ഇതാണ് അഹം കഴിക്കുന്നു ബാക്കി ഞാൻ ബ്രഹ്മമാണ് എന്നൊക്കെ പറയണതൊക്കെ അതിന് ഡെഫനിഷൻ ആണ് നമുക്കുള്ള അനുഭവം ഞാൻ ഉണ്ട് ഒരു സംശയവുമില്ല കണ്ണുമൂടിയിരുന്ന ഉള്ളില് ഇറ്റ് ഈസ്വർ വൈക്ക് സ്വപ്നത്തിലുണ്ട് സുഖമായി ഉറങ്ങുമ്പോണ്ട് എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഇല്ലാതിരിക്കാൻ പറ്റും സ്വപ്നം കാണുമ്പോ നിങ്ങളുടെ മനസ്സില്ലാതിരിക്കാൻ പറ്റും ഉറങ്ങുമ്പോ ഡീപ്പ് സ്ലീപ്പില് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പൊ നിങ്ങള് ശരീരവുമല്ല നിങ്ങള് മൈൻഡുമല്ല സുഷുപ്തിയിലും ഏതോ ഒന്നുണ്ടോ അത് നിങ്ങളിപ്പോ ഈ ഞാൻ പറയുന്ന ഈ കാര്യം ഒരു പതിനായിരം വട്ടം ഒരുപക്ഷം കേട്ടിട്ടുണ്ടാവും കാരണം പലരും ഞാൻ ഇരുപത് വർഷമായിട്ട് പറയണത് കേൾക്കുന്ന ആളുകളുണ്ട് അതുകൂടാതെ അവരെ സി ഡിയിൽ കേൾക്കും എല്ലാം ഉണ്ടാവും പക്ഷെ ഓരോരു പ്രാവശ്യവും പിന്നെയും നിങ്ങൾ കേൾക്കണുണ്ടെങ്കിൽ തന്നെ അനുഭവം ഉണ്ടെന്നാണ് അർത്ഥം ആ അനുഭവത്തിന് നിങ്ങൾ വില കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ അല്ലേ ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ സത്സംഗത്തിൽ വളരെ അടുത്ത ആളുകൾക്ക് പറയും സ്വാമി എന്ന് ശരിയായില്ലേ അതൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു അതെനിക്ക് സന്തോഷ എന്താണെന്ന് വെച്ചാൽ ആളുകൾ കേട്ട് കേട്ട് പരിചയമായ ആളുകൾക്ക് ഒരേ കാര്യം കേൾക്കണതിലാണ് രുചി ഇതാണ് നമ്മുടെ സമ്പ്രദായം ഇതാണ് നമ്മളുടെ സമ്പ്രദായം ഇതാണ് നമ്മളുടെ വഴി ഇതാണ് നമ്മളുടെ അനുഭവ പരമ്പര നമുക്ക് അതുകൊണ്ട് ഇതൊരു ഒരു ഉപന്യാസമോ പ്രഭാഷണമോ അല്ലെങ്കിൽ ക്ലാസ്സോ ഒന്നുമല്ല ഇത് പറയാ അതിന് ഇവിടെ ഇരിക്കണോ നിങ്ങൾ സത്യമാണ് നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ എക്സിസ്റ്റൻസ് നിങ്ങളുടെ ഇരുപ്പ് അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ അല്ലെ അഹമഹമെന്ന് അരുളുന്നതൊക്കെ എല്ലാരും ഋഷികളും ജ്ഞാനികൾ അറിഞ്ഞവരൊക്കെ ഇതാണ് അറിഞ്ഞിരിക്കണത് അവരെന്താ അവരുടെ രഹസ്യം സീക്രട്ട് എന്താണ് ഇതാണ് അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലും അഹന്ത അനേകമാകയാൽ തുകയിൽ അഹം തുടർന്നിടുന്നു അഹം പൊരുൾ വാക്കുണ്ടല്ലോ അല്ലെ അഹം പൊരുൾ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് ഐ അഹം പദാർത്ഥം ഞാൻ എന്ന് പറയുന്നതിന്റെ ഉണ്മയായ സ്വരൂപം എന്താണ് എന്ന് നോക്കുമ്പോ അത് ശരീരമല്ല അപ്പൊ മരിക്കുന്നതിനെ കുറിച്ച് പേടിക്കണ്ട അത് മൈൻഡല്ല അപ്പൊ പുനർജന്മത്തിനെ കുറിച്ച് പേടിക്കണ്ട അത് കാരണ ശരീരമല്ല അപ്പൊ അജ്ഞാനത്തിനെ കുറിച്ച് പേടിക്കണ്ട ശരീരത്തിന്റെ മരണമോ സൂക്ഷ്മ പുനർജന്മമോ കാരണശരീരത്തിന്റെ അജ്ഞാനം നിദ്രാ മുതലായ ദോഷങ്ങളോ ഒന്നുമില്ലാതെ നിർമ്മലമായ ചിത്ത് നിർമ്മലമായ ആകാശം ചിതാകാശം ശുദ്ധ ബോധം പ്രജ്ഞ ചൈതന്യം അത് നിരന്തരം ഹൃദയത്തില് അപരോക്ഷമായിട്ട് നമ്മളുടെ സ്വസ്വരൂപമായിട്ട് എല്ലാ കാലത്തിലും പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു ഒരിക്കലും മറഞ്ഞുപോയിട്ടേ ഇല്ല